എല്ലാവർക്കും എൻ്റെ പണം ഭഗവത്ഗീത ഏഴാം അധ്യായമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് വലിയ മുഖൗര ഒന്നും കൂടാതെ തന്നെ നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം ഏഴാം അധ്യായത്തിൽ മുപ്പത് ശ്ലോകങ്ങളാണ് ഉള്ളത് പത്ത് ദിവസം നമ്മളിവിടെ ഈ ചർച്ച തുടരുന്നുണ്ട് ഇപ്പൊ ദിവസം മൂന്ന് ശ്ലോകം നമുക്ക് ചർച്ച ചെയ്യാം നേരത്തെ തന്നെ ഒന്നൊക്കെ നോക്കിക്കൊണ്ട് പോന്നാൽ കുറെ കൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ആദ്യത്തെ മൂന്ന് ശ്ലോകമാണ് നമ്മളിന്ന് ചർച്ചയെ ഒന്നാമത്തെ ശ്ലോകം മയ്യാസക്തമനാർത്ഥ യോഗം യുഞ്ജൻ മതാശ്രയ അസംശയം സമഗ്രം നാം യഥാജ്ഞാസി തത് ശൃോ ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതും ഭക്ഷ്യമ്യശേഷൂ അന്യജ്ഞാത്തവശിഷ്യത്തെ മനുഷ്യണ സഹസ്രേഷു കിട്ടി സിദ്ധയേ എതഥാ അവിന്മാം വേത്തി താണ് ആദ്യത്തെ മൂന്ന് ശ്ലോകം അല്ലോ അർജുന മൈ ആസക്തമനാഹ പാർത്ഥ പാർത്ഥ അല്ലോ അർജുന മൈ ആസക്തമനാഹ ആസക്ത മനസ്സ് വെറും സക്തമനസ്സല്ല എന്നെയോ ആസക്ത മനസ്സ് എന്ന് പറഞ്ഞാൽ ജീവിതലക്ഷ്യമായി എന്നെ അംഗീകരിച്ച മനസ്സ് ജീവിതത്തിന് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാവാം പക്ഷേ അവസാനം ഈ ജീവിതം കൊണ്ട് നേടണം ഭഗവാനെ നേടണം ഭഗവാനെ അറിയുക മാത്രമല്ല ഭഗവാനെ നേടണം അതാണ് ആസക്ത മനസ്സ് മൈ ആസക്തമനാ പാർത്ഥ അപ്പോൾ അതിനെന്താ വേണ്ടത് ഭഗവാൻ പറയുന്നു അതിനു വേണ്ടത് കർമ്മരംഗത്ത് യോഗം അഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക യോഗം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അറിയുന്ന യോഗമല്ല കൃഷ്ണൻ പറയുന്ന യോഗം മനസ്സിൻ്റെ സമല്ല മറ്റെന്ത് യോഗമോ അഭ്യസിക്കുക എന്ത് കർമ്മ ചെയ്യുക യുദ്ധം വരെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും വിഷമമേറിയ കർമ്മമാരുടെ യുദ്ധം യുദ്ധം വരെ ചെയ്തോളൂ പക്ഷേ അതൊക്കെ ചെയ്യുമ്പോ മനസ്സിൻ്റെ സമനല്ല അഭ്യസിക്കണം യോഗസ്ഥക്കുരു കർമാണി സംഗം തിത്വധനം ചെയ്യാം സിദ്ധ്യസിദ്ധ്യോ സമഭൂത്വ സമത്വം യോഗ ഉച്ച അർജുന യോഗം അഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യും എന്താ യോഗം ജയത്തിലും പരാജയത്തിലും മാനത്തിലും അവമാനത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ഇത്തരം ദ്വന്ദ്ഭാവങ്ങളിലെല്ലാം മനസ്സ് ക്ഷോഭിക്കാതെ ആ സത്യം ഓർമ്മിച്ച് സമനില അഭ്യസിക്കും യുദ്ധത്തിൽ പോലും അപ്പോൾ ഈ സമനില വരുന്ന യോഗം അഭ്യസിക്കുന്ന ഒരാൾക്ക് അത് ഉറച്ചുറച്ചു വരും ഉറച്ചുറച്ച് വരുന്നവരും അസംശയം സമഗ്ര മാം സംശയരഹിതമായി സമ്പൂർണമായി എന്നെ അറിയാൻ പറ്റും സംശയരഹിതമായി എന്ന് പറഞ്ഞാലോ ശാസ്ത്രീയമായി യുക്തിയുക്തമായി എന്നെ അറിയാൻ പറ്റും ശാസ്ത്രീയമായി യുക്തിയുക്തമായി അറിഞ്ഞാൽ പിന്നെ സംശയത്തിനു വകയില്ല അതുപോലെ സമഗ്രം സമ്പൂർണമായി എന്നെ അറിയാൻ പറ്റും പൂർണ്ണമായും അസംശയം സമഗ്രുമാണ് യഥാജ്ഞാശ്യസി എങ്ങനെയാണോ യോഗമഭ്യസിക്കുന്ന ഒരാൾ ഇത് അറിയുന്നത് ഞാനത് പറഞ്ഞുതരാം ഏഴാം അധ്യായത്തിൽ അസംശയവും ഈ രണ്ട് വാക്കോർമ്മിച്ചുകൊടുക്കാം ഭഗവാനെക്കുറിച്ച് അസംശയവും സമഗ്രവുമായ അറിവ് യോഗ സമനിലയെന്ന് യോഗമഭ്യസിക്കുന്നവരാൾക്ക് സ്വാഭാവികമായി വന്നു ചേരും അത് ഞാൻ ഇന്ന് നിനക്ക് ഇവിടെ പറഞ്ഞു തരാം അതൊക്കെ അഭ്യസിച്ച് അനുഭവിക്കുന്നത് പിന്നെ ആയിക്കോളും എന്താണത് ജ്ഞാനം ദേഹം സവിജ്ഞാനമിതും ഭക്ഷ്യമ്യശേഷ ജ്ഞാനം ഈ അസംശയവും സമഗ്രവുമായ അറിവ് സിദ്ധാന്തകരമായി ആദ്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം അതാണ് ജ്ഞാനം തിയറി ഇപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളം ഉണ്ടാകുമെന്ന് ഒരു കെമിസ്റ്റ് പഠിപ്പിക്കുന്നു പഠിപ്പിക്കുമ്പോൾ അത് തിയറിയാണ് ഒടുവിൽ കൂട്ടിയെ ലാബോറട്ടറിയിൽ വിളിച്ചുകൊണ്ടുപോയി ഓക്സിജനും ഹൈഡ്രജനും ചേർത്ത് വെള്ളം ഉണ്ടാക്കി കാണിക്കുന്നു അതാണ് വിജ്ഞാനം അനുഭവം സിദ്ധാന്തപരമായ അറിവാണ് ജ്ഞാനം അനുഭവം അനുഭവിച്ച് തെളിയുന്നതാണ് വിജ്ഞാനം ഭഗവാനെക്കുറിച്ചുള്ള അസംശയവും സമഗ്രവുമായ അറിവ് അർജുന നിനക്ക് ഞാനിന്ന് ആദ്യം സിദ്ധാന്തപരമായി ഉപദേശിക്കാം പിന്നെ അത് അനുഭവിച്ചറിയാനുള്ള മാർഗവും കുറഞ്ഞു തരാം അസംശയം സമഗ്രം മാം യഥാശു ജ്ഞാനം ദേഹം പ്രവക്ഷ്യാമി വിജ്ഞാനസഹിതം ഞാൻ നിനക്ക് ജ്ഞാനം പറഞ്ഞുതരാം യജ്ഞാ നേഹഭൂയോ അന്യജ്ഞാതമവശിഷ്യത്തെ അർജുന ഇത് നീ കേട്ടു വേണ്ടവണ്ണം മനസ്സിലാക്കുവെങ്കിൽ ഇവിടെ പിന്നെ മറ്റൊന്നും അറിയാനുണ്ടാവില്ല എല്ലാം നീ അതോടെ അറിഞ്ഞു കഴിയും ഇതാണ് ഏഴാം അധ്യായം ഇപ്പം നമ്മൾ ശരിക്കത് മനസ്സിലാക്കാമെങ്കിൽ ഏഴാം അധ്യായം മാത്രം പഠിച്ചാൽ മതി ഗീതയിൽ ച പിന്നൊന്നും അറിയാൻ ഉണ്ടാവില്ലെങ്കിൽ എൻ്റെ മറ്റധ്യായങ്ങൾ ഇപ്പം പഠിച്ചില്ലെങ്കിൽ പക്ഷെ എന്താ അങ്ങനെ സംഭവിക്കാത്തത് അർജുന അപ്പോൾ അപ്പോൾ ഭഗവാനെ അപ്പോൾ ഏഴാധ്യായം മാത്രം കേട്ടാൽ മതിയെ മതി പക്ഷേ ഈ അസംശയവും സമഗ്രവുമായ സത്യബോധം അർജുന അധികമാർക്കെന്ന് വേണ്ട അതാ കാര്യം ഞാനിപ്പോൾ ഏഴാധ്യായത്തെ അതൊക്കെ വെളിപ്പെടുത്താം പക്ഷെ അത് വേണമെന്നുള്ളവർ കുറവാണ് അതുകൊണ്ട് കേട്ടാലും അത് പെട്ടെന്നങ്ങോട്ടുള്ളിൽ പതിയില്ല ഈ സിദ്ധി ഏത് സിദ്ധി ഓർമ്മിക്കണം ഭഗവാനെക്കുറിച്ച് അസംശയവും സമഗ്രവുമായി അറിയുന്ന സിദ്ധി കൃഷ്ണൻ ഈ സിദ്ധിക്ക് പതിനെട്ടാം അധ്യായത്തിൽ നൈഷ്കർമ്മ്യ സിദ്ധി എന്നാണ് പറയുന്നത് കർമ്മത്തിൻ്റെ ലേശം പോലും ഇല്ലാത്ത വസ്തുവിനെ അനുഭവിച്ചറിയുക അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി കർമ്മത്തിൻ്റെ കണിക പോലുമില്ല നൈഷ്കർമ്മ്യം കർമ്മമില്ലാത്ത വസ്തു അതാണ് ബ്രഹ്മം ബ്രഹ്മം ഈ ബ്രഹ്മത്തെ പൂർണ്ണമായി അനുഭവിച്ചറിയുന്നതാണ് നൈഷ്കർമ്മ്യ സിദ്ധി ീ സിദ്ധിയാണ് ഗീതയുടെ ലക്ഷ്യം അല്ലാതെ മറ്റു സിദ്ധികളൊന്നുമല്ല മറ്റേ സിദ്ധി എന്ന് കേൾക്കുമ്പോൾ മറ്റൊന്നും ചിന്തിച്ചു പോകരുത് അതായത് ചെറിയ ചെറിയ മാജിക്കുകൾ കാണിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രപഞ്ചത്തെ തന്നെ ഉണ്ടാക്കി കാണിക്കുന്നതോ ഒരു ജീവോന്മുക്തനായ വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്നത് പോലും അവിദ്യ അത്യന്തം നിസ്സാരമായ കാര്യം അതിനും അപ്പുറത്തുള്ളതാണ് ഈ നൈഷ്കർമ്മ്യ സിദ്ധി ഏതാണ് ശാസ്ത്രം എന്ന് പറയുന്നു അവിശീതരുചാവർക്കെ സുതീക്ഷണേ ബിന്ദുമണ്ടലേ അപ്യഥപ്രസരത്യജ്ഞീവൻ മുക്തോ അവിസ്മഹീ ഇനി ഒരു സിദ്ധൻ വന്നിട്ട് ചൂടാക്കി കാണിക്കുകയാണ് വേറൊരു സിദ്ധൻ വന്ന് സൂര്യബിംബത്തെ തണുപ്പിച്ച് കാണിക്കുന്നു മറ്റൊരു സിദ്ധൻ അഗ്നിയെ തലകുത്തി നിർത്തി കാണിക്കുന്നു എറി എരിഞ്ഞ് എരിച്ചു കാണിക്കുന്നു ജീവൻ മുക്തവും ന വിസ്മയിൽ ഈ നൈഷ്കരമ്യസി സിദ്ധാന്തപരമായിട്ടെങ്കിലും ഉറപ്പ് വന്ന ഒരാൾക്ക് ഇതിൽ ദേശം പോലും വിസ്മയമില്ല ചാരി ഇതിനേക്കാൾ അതിഭയങ്കരമായ വിസ്മയമുള്ള കാര്യമല്ലേ ഭഗവാനിപ്പൊ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ പ്രപഞ്ചം എന്ന പേരിൽ ഇതിനേക്കാൾ കവിഞ്ഞ ഒരു സിദ്ധിയുണ്ടോ ഇനി മറ്റെന്തെങ്കിലും സിദ്ധി കണ്ടിട്ട് ഭഗവാനെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ ഈ സിദ്ധി കണ്ട് ഭഗവാനെ അന്വേഷിക്കൂ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിക്കറങ്ങുന്നു ചുറ്റിക്കറങ്ങുന്നതായി തോന്നുന്നു അതുകൊണ്ട് സിദ്ധി എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം മനുഷ്യ സഹസ്രേഷും കരിച്ച സിദ്ധയെ ആയിരമായിരം പേരിൽ ഒരാൾ മാത്രമാണ് അർജുന ഞാനീ പറയുന്ന സിദ്ധി ആഗ്രഹിക്കുന്നത് അതാണ് ഏഴാം അധ്യായത്തിൽ ഇപ്പം ഞാനെല്ലാം പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഭഗവാനെ പിന്നെ എല്ലാവരും ഇതൊക്കെ കേട്ട് ഏഴാം അധ്യായം മാത്രം മതി എന്ന് തീരുമാനിക്കാത്തത് എന്താ എന്ത് ചെയ്യാം അർജുന മനുഷ്യണാം സഹസ്രേഷ ആയിരക്കണക്കിന് ആളുകൾ കശ്ചിൻ ജീവിതത്തിൽ സിദ്ധയം ഒരാൾ എന്ന് ജീവിത ലക്ഷ്യം പരമസത്യം സംശയരഹിതമായി പൂർണ്ണമായി അറിഞ്ഞനുഭവിക്കുന്നതാണ് ഈ സിദ്ധി മുമ്പിൽ കണ്ടുകൊണ്ട് ഗീത പഠിക്കുന്നവരെത്ര പേരുണ്ട് ഈ സിദ്ധി മുമ്പിൽ കണ്ടുകൊണ്ട് ഈശ്വരഭജനം നടത്തുന്നവരെത്ര പേരുണ്ട് മനുഷ്യ സഹസ്രേഷു കഷ്ട മറ്റുള്ളവർക്ക് വേറെ പല പല സിദ്ധികൾക്കും വേണ്ടി ജീവിതം ഇതിനർപ്പിച്ചെന്ന് പറയുന്നവർ പോലും ഇടയ്ക്കിടയ്ക്ക് ചില ചില്ലറ സിദ്ധികളോ പണമോ പേരോ പെരുമയോ പ്രശസ്തിയോ ഒക്കെ കാണുമ്പോൾ ഈ അസംശയം സമഗ്ര അറിയുന്ന ഏർപ്പാട് അല്ലെങ്കിൽ അർജുന വിട്ടുകളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി ഈ അധ്യായത്തിൽ നിനക്ക് കാര്യം പറഞ്ഞു തരാം പക്ഷേ അതുകൊണ്ട് മാത്രം ഏഴാം അധ്യായം കൊണ്ട് മാത്രം നിർത്താനൊക്കില്ല കാരണം എത്ര പറഞ്ഞാലും പലർക്കും ഇത് വേണ്ട അസംശയം സമഗ്ര മാം യഥാജ്ഞാസി സത്രുണു മനുഷ്യമാം സഹസ്രേഷു കശിത്യതയെ യഥതാമത് സിദ്ധാനം ഇനി ചില ആളുകൾ അങ്ങനെ ഈ ലക്ഷ്യം മുമ്പിൽ വെച്ച് യത്നം ആരംഭിച്ചു എന്ന് കരുതുക ആരംഭിച്ച് സ്വൽപ്പം കഴിയുമ്പോൾ മാനസികമായ ചില കഴിവുകളൊക്കെ വന്നു ചേരും പേര് വരുന്ന പ്രശസ്തി പണം ശിഷ്യസമ്പത്ത് പോയി എല്ലാം പോയി പിന്നെ ഭഗവാനെ അസംശയമായും സമഗ്രമായും ഒക്കെ അറിയുന്നതായിരിക്കും പിന്നെ ആവട്ടെ നമുക്ക് തൽക്കാലം ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഭഗവാനെ അറിയുന്നത് പിന്നെ ആവാം എന്ന് വെച്ച് മാറ്റിവെക്കുകയാണ് അതുകൊണ്ട് അർജുന യഥതാം അഭിസിദ്ധാന യത്നിക്കുന്ന സിദ്ധന്മാരിൽ പോലും കസ്റ്റിന്മാം വേത്തി തത്വത തത്വത യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കമാണ് അപ്പോൾ ഈ മൂന്ന് പദ്യങ്ങളും കേന്ദ്രമാക്കുന്നത് അസംശയം സമഗ്ര സംശയരഹിതമായി സമ്പൂർണമായി എന്നെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ചുരുക്കമാണ് എന്താ ഈ ഭഗവാനെ അസംശയമായിട്ടറിയ അത്ര പ്രയാസമുള്ള കാര്യമാണോ വാസ്തവത്തിൽ അത്ര പ്രയാസമൊന്നുമില്ല നമ്മുടെ ഈ കർമ്മമയമായ ജീവിതത്തിൽ തന്നെ അതത് അതിനുവേണ്ടി പ്രയത്നിക്കാം അറിയാം അതിനാണ് യോഗം യുഞ്ചൻ യോഗമഭ്യസിക്കുക ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക യോഗം മനസ്സിൻ്റെ സമനിലയാണ് ആ സമനില വളർത്തി ഉറപ്പിക്കാത്ത മറ്റൊന്നുകൊണ്ടും പ്രയോജനമില്ല മറ്റെല്ലാം കൊള്ളാൻ ഏത് യോഗവും അഭ്യസിക്കാം ഏത് കർമ്മവും ചെയ്യാം യുദ്ധം വരെ ചെയ്യാം പക്ഷേ ദിവസേന മനസിൻ്റെ സമനില വർദ്ധിക്കുന്നുണ്ടോ എന്ന് അതായത് കോപം കാമം ക്രോധം ലോഹം തുടങ്ങിയ വികാരങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ടോ അക്ഷോഭ്യത എന്ത് സംഭവിച്ചാലും ക്ഷോഭിക്കാതെ ജീവിതത്തെ നേരിടാനുള്ള കഴിവ് വർദ്ധിക്കുന്നുണ്ടോ മനസ്സാ സമനില വർദ്ധിച്ചു വരുമ്പോൾ ഈശ്വരഭാവം ബ്രഹ്മഭാവം ഒരാൾക്ക് ഗംഭീരമായി തെളിഞ്ഞു തെളിഞ്ഞു വരും ഭഗവാൻ തന്നെ പറയുന്നു മനസ്സ് സമനിലയിലെത്തിയയാൾ സൃഷ്ടിയെ ജയിക്കുന്നു എന്നാണ് ഗീത തന്നെ പറയുന്നത് അവർ സൃഷ്ടിയെ ജയിക്കുന്നു എന്താ കാര്യം മനസ്സിന്റെ സമനില ഉറപ്പുവരുന്നത് തന്നെയാണ് ബ്രഹ്മാനുഭവം ഇഹൈബതരഞ്ജിതസർഗോ യേഷാം സാമ്യ സ്ഥിതം മനഃ ആരുടെ മനസ്സാണോ സമനിലയിൽ എത്തി നിൽക്കുന്നത് അർജുന അവരിവിടെ വെച്ച് സൃഷ്ടിയെ ജയിക്കുന്നു എന്താ നിർദ്ദോഷം സമം ബ്രഹ്മ തസ്മത് ബ്രഹ്മണിത ോഷരഹിതമായ മനസ്സിൻ്റെ സമനില തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിൽ സമനില ഉറപ്പുവന്നയാൾ ആ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവർ അതുകൊണ്ട് ആദ്യമായി ഇതോർമ്മിക്കുക ഈശ്വര അനുഭവം ആത്മാനുഭവം തെളിയാൻ രാജമാർഗം ഇത് മാത്രം എന്തുകൊണ്ട് മറ്റെന്ത് കോലാഹലങ്ങൾ കാണിച്ചാലും കാമക്രോധാദി വികാരങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് മനസ്സിന് സമനില വരുന്നില്ലയോ അവസാനം പെടഞ്ഞ് ദുഃഖിച്ച് തന്നെ ജീവിതം ആർക്കും അവസാനിപ്പിക്കേണ്ടി അപ്പോൾ ഏഴാണ് അധ്യായം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് എന്ന യോഗം മനസ്സിൻ്റെ സമനില്ല ഉടൻ ഓർമ്മിക്കണം ഗീതയിലുടൽനീളം ഈ സമനില ഭഗവാൻ യോഗമായി ചർച്ച ചെയ്യുന്നത് ശരി ഈ ഈ സമനില ശീലിച്ചാൽ അസംശയം സമഗ്രം അസംശയമായി ഭഗവാനെ പിടിയിട്ടും എന്താ ഈ അസംശയമായി ശാസ്ത്ര ആരാ ഭഗവാൻ ശാസ്ത്രീയമായി അസംശയമായി ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല കൃഷ്ണൻ ഗീത പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെ കൃഷ്ണൻ ഞാൻ എന്നെ എൻ്റെ എന്നൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ ബ്രഹ്മത്തെയാണ് അർത്ഥമാക്കുന്നത് അല്ലാതെ വസുദേവപുത്രനായ കൃഷ്ണനെ അല്ല ഒട്ടേറെ പേർക്ക് വലിയൊരു തെറ്റിദ്ധാരൻ അതിനപ്പുറം വസുദേവപുത്രനായ ആ കൃഷ്ണരൂപത്തിനപ്പുറം ഒരു സത്യമുണ്ടെന്നുപോലും കരുതാൻ പലരും കൂട്ടാക്കുന്നില്ല ഇത് ഭഗവാനോട് ചെയ്യുന്ന വലിയൊരു കടുന്തയാണ് എന്തുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിലല്ല ഭഗവാന്റെ അഭിപ്രായത്തിൽ തന്നെ കൃഷ്ണൻ ഈ അധ്യായത്തിൽ തന്നെ എന്തു പറയും ഏഴാം അധ്യായത്തിൽ അർജുന അഹം പ്രകാശ സർവമായാസമാവൃത്ത മൂഢോയം നാഭിജാനാത്തി എന്നെ മൂഢജനങ്ങൾ അജമാവേയം മൂഢോയം നാഭിജാനാതി മാം എന്നെ യോഗമായ മറച്ചിരിക്കുന്നു ആരാ ഭഗവാൻ ഭഗവാൻ ബ്രഹ്മമാണ് കൃഷ്ണൻ ബ്രഹ്മമാണ് ബ്രഹ്മം എന്താ ബ്രഹ്മം എന്ന് വെച്ചാൽ ബോധം ബോധമാണ് ബ്രഹ്മം ആര് പറഞ്ഞിരിക്കുന്നു ഉപനിഷത്ത് അല്ലാതെ നമ്മളാരും സ്വന്തമായി പറയുന്നതല്ല ഉപനിഷദ് ഗോക്കളിൽ നിന്നും കറന്നെടുത്ത് അമൃതമല്ല ഗീത ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഗീതയെ സമീപിച്ചാൽ എങ്ങനെയാണ് ഗീത നമ്മുടെ ജീവിതത്തിന് ആശ്വാസം അറിയുന്നത് അപ്പോ ബോധം പ്രജ്ഞാനം ബ്രഹ്മ ഐതരേ രൂപപനുഷ്യത്ത് ബ്രഹ്മത്തെ നിർവചിക്കുന്നതാണ് ഈ ജഗത്ത് പ്രജ്ഞാനേത്രം പ്രജ്ഞാനേത്രം ജഗത് എന്നാണ് രൂപപനുഷ്യത്തിലെ ഋഷിമാർ പ്രഖ്യാപിക്കുന്നത് പ്രജ്ഞ എന്ന് വെച്ചാൽ ബോധം ബോധമാകുന്ന കണ്ണോടുകൂടിയതാണ് ഈ ജഗത്ത് ബോധമെന്ന കണ്ണില്ലയോ ജഗത്തില്ല ആര് വേണോ ഏത് ഐൻസ്റ്റീനോ അതിനപ്പുറത്തുള്ള ശാസ്ത്രജ്ഞനോ വന്ന് ചിന്തിച്ച് നോക്കട്ടെ ഇതിനെ എതിർക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്താണ് ബോബദ്ധം അത് പലർക്കും നിശ്ചയമല്ല ബോബദ്ധം ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു മൂന്നാല് ദിവസത്തിനകം ഒരു ചെറുപ്പക്കാരൻ രണ്ടു മുമ്പ് വന്നിരുന്നു നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളിയാണ് വന്ന ചോദിച്ചു എന്താണ് ഈ കാണുന്നതൊക്കെ ഈ ജഗത്തായി ഞാൻ പറഞ്ഞു ആ വലിയ ഞാൻ പറഞ്ഞു ഇതൊക്കെ ബോധമാണുള്ളത് ഈ ജഗത്തായി കാണുന്നതൊക്കെ ബോധമാണ് ആ അത് പിന്നെ സാർ അങ്ങയുടെ ഉള്ളിൽ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന അനുഭവമില്ലേ ഞാനുണ്ട് ഏത് കൊച്ചുകുഞ്ഞിനും ഉണ്ടല്ലോ ഞാനുണ്ടെന്നനുഭവിക്കുന്ന ബോധം ആ ബോധം ഇല്ലെങ്കിൽ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ബോധം നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ നിങ്ങളില്ല ഈ ജഗത്തില്ല ഒന്നുമില്ല തീർച്ചയായും സംശയം വല്ലതും ഉണ്ടോ ചോദിക്കുക അപ്പോൾ പലരിലും അതേ പലരിലും ആ ബോധം ഉള്ളതുകൊണ്ടാണ് ജഗത്തുള്ളത് ആ ബോധം ഒന്നാണ് പലരിലും പലതല്ല അതൊക്കെ നമ്മൾ ഈ ഈ പുരോഗതിയിൽ നല്ലവണ്ണം മനസ്സിലാക്കും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം അതാണ് ആദ്യം ഇത് മനസ്സിലാക്കുക ബോധമുണ്ടോ ഇതാണ് അസംശയം ബോധമുണ്ടോ ജഗത്തുണ്ട് ധാരാളം കേട്ടിട്ടുള്ളതാണ് ബോധമില്ലേ ജഗത്തില്ല അതുകൊണ്ട് ജഗത്തായി കാണപ്പെടുന്നതൊക്കെ ബോധം ഉപനിഷത്ത് ദൃഷ്ടാന്തം പറയുന്നു സ്വർണ്ണമുണ്ടോ ആഭരണങ്ങളുണ്ട് സ്വർണ്ണമില്ലേ ആഭരണങ്ങളില്ല അതുകൊണ്ട് ആഭരണങ്ങളായി കാണുന്നതൊക്കെ സ്വർണം പിന്നെ പലത് കാണുന്നതോ സ്വർണ്ണമെന്ന വസ്തുവിൽ മാറി മാറി വരുന്ന നാമരൂപങ്ങൾ ഇപ്പോൾ വസ്തു സ്വർണം ആഭരണങ്ങളൊക്കെ അതിൽ മാറി മാറി വരുന്ന നാമരൂപങ്ങൾ എത്രം നാമരൂപങ്ങൾ മാറി മാറി വന്നാലും വസ്തു സ്വർണം എന്തുകൊണ്ട് സ്വർണമുണ്ടോ ആഭരണങ്ങളുണ്ട് എത്ര ലളിതം അസംശയം സ്വർണമില്ലേ ആഭരണങ്ങളില്ല ഇത് ഉപനിഷത്തിൻ്റെ ചാന്തോകൃപനിഷത്തിൻ്റെ വിവരണമാണ് അല്ല ഞാൻ തരുന്ന വിവരണമല്ല സ്വർണമില്ലേ ആഭരണങ്ങളില്ല അതുകൊണ്ട് ആഭരണങ്ങളായി കാണപ്പെടുന്നതൊക്കെ സ്വർണം ആഭരണങ്ങൾ എന്ന് പറയുന്ന കാഴ്ചകളിൽ വസ്തു സ്വർണം മറ്റൊക്കെ മാറി മാറി വരുന്ന നാമരൂപങ്ങൾ നാമരൂപങ്ങൾ എത്രയൊക്കെ മാറി വന്നാലും പുതിയ വസ്തു ഇല്ല ലേശം പോലും ഇല്ല ഇനി മുമ്പിലിരിക്കുന്ന ആഭരണങ്ങളൊക്കെ ഒരുക്കി പുതുതായിട്ട് പണിയട്ടെ പുതിയ വസ്തു ഇല്ല സ്വർണം മാത്രം മനസൈവ്യം നേഞ്ചന ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു നിങ്ങളിത് വിചാരം ചെയ്തറിയൂ ഇവിടെ ലേശം പോലും പലതില്ല ലേശം പോലും എന്താ ബോധം ഈ പ്രപഞ്ചമായി കാണുന്ന അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളിൽ പെട്ടെന്ന് സത്യം വെളിപ്പെടുന്നു എന്ന് കരുതി പരിഭ്രമിക്കരുതേ പക്ഷെ ഇത്ര വേറെ ഇവിടെ സൂര്യനിലും ചന്ദ്രനും ആളുകൾ ഓടി നടക്കുകയാണ് സത്യം നമുക്ക് കിട്ടുന്നുമില്ല വലിയൊരു ഫിസിസിസ്റ്റ് എന്താ ഇട ഡൽഹിയിൽ വന്നിരുന്നല്ലോ അദ്ദേഹം സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസിസ്റ്റ് അദ്ദേഹം ചോദിക്കുന്ന ഞാനെന്തിനു ജനിച്ചു നരമ്പുകളൊക്കെ തളർന്ന് ഇങ്ങനെ വീൽ ചെയറിൽ സഞ്ചരിക്കുകയാണ് പാവം ഈ ഉപനിഷത്ത് സത്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല ഐൻസ്റ്റീൻ ഇവിടെ വന്ന് ഈ ഉപനിഷത്ത് സത്യം പഠിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് എനിക്കിത് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പത്ത് നാൽപ്പത് കൊല്ലത്തെ അന്വേഷണം വേണ്ടെന്നോക്കാമായിരുന്നു എന്ന് അത്ര എളുപ്പം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി കാണുന്ന കാഴ്ചകളിൽ ഇത് ചിന്തിക്കുക ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കുക ഞാൻ നാളെ അതിന് സമാധാനം പറയാം വസ്തു ബോധം ബ്രഹ്മം ബോധം എന്ന് വെച്ചാൽ തന്നെ ധരിക്കരുത് പ്രജ്ഞാനം ബ്രഹ്മ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമായി പെരുവിൽ കാണപ്പെടുന്ന വസ്തു എന്നാണ് ശബ്ദത്തിന് അർത്ഥം ോധമാണ് അനീപ മുതൽ അനന്തതോടി ബ്രഹ്മാണ്ഡങ്ങൾ വരെ ബോധം എന്തുകൊണ്ട് ബോധമുണ്ടോ ഇതൊക്കെ ഉണ്ട് ബാക്കി കാണുന്നത് നാമരൂപങ്ങൾ സൂര്യചന്ദ്രന്മാർ എല്ലാം ബോധത്തെന്താ സൂര്യൻ ബോധം ബോധമെന്ന വസ്തുവിൽ ഒരു രൂപം സൂര്യൻ എന്ന ഒരു പേര് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെ കൊടുക്കുന്ന ഒരു പേര് ഏത് വസ്തുവിനെയും ഇതാണ് ഈ ശ്ലോകത്തിൽ തന്നെ ഒന്നാം ശ്ലോകത്തിൽ തന്നെ യജ്ഞാത്വ നേഹ രണ്ടാം ശ്ലോകത്തിൽ യജ്ഞാത്വ നേഹ ഭൂയോ അന്യജ്ഞാത അവശിഷ്യത്തെ അർജുന ഇത് നിനക്ക് പിടികിട്ടിയാലോ ഇനി ഇവിടെ ഒന്നും കൂടുതൽ അറിയാനില്ല ഉപനിഷത്ത് പറയുകയാണ് ഏകവിജ്ഞാന സർവവിജ്ഞാനം ഒന്നിനെ അറിയൂ ആഭരണങ്ങൾ നിരഞ്ഞിരിക്കുന്നു സ്വർണത്തെ അറിയൂ ഇന്നുവരെ ഉണ്ടായതും ഇനിമേലുണ്ടാകാൻ പോകുന്നതും ആയ സകല ആഭരണങ്ങളും അറിയപ്പെട്ടു എന്താ കാര്യം ഉപനിഷത്ത് തന്നെ പറയുന്നു ആചാരംഭണം വികാരോ നാമധേയം ഒന്ന് സങ്കൽപ്പിച്ചു ഒരു രൂപം കൊടുത്തു ഒരു പേരും കൊടുത്തു വസ്തുവോ പഴയത് തന്നെ ഒരു വ്യത്യാസവും ഇല്ല എല്ലാ ആഭരണങ്ങളും എന്നേക്കുമായി അറിയപ്പെട്ടു ഇതാണ് എനിക്കിപ്പോൾ ഒരു സംശയമില്ല ഏത് പ്രപഞ്ചത്തെക്കുറിച്ചോ എന്നോട് ചോദിച്ചോളൂ ഉത്തരം ആ ഉത്തരം പറ്റുമെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കും ബോധം അതിലെ ഒരു രൂപം അതിലെ ഒരു പേര് തീർത്ഥം ബോധം നാമം രൂപം കൃഷ്ണൻ ബോധത്തിലെ ഒരു രൂപം കൃഷ്ണൻ എന്ന പേര് ശിവനും ബ്രഹ്മാത്രിമൂർത്തികളും സകലദേവന്മാരും നാമരൂപം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ വസ്തു ബോധം അഥവാ ബ്രഹ്മം അതാണ് സർവം ബ്രഹ്മമയം ആർക്കിതിനെ ആർക്കെങ്കിലും ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ ഞാൻ ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന ചെറുപ്പക്കാരനോട് നിങ്ങളുടെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് പറയുന്ന ആ ബോധം ഇല്ലെന്ന് വന്നാൽ നിങ്ങളില്ല ജഗത്തുമില്ല എടോ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ ഒരു രണ്ട് മിനിറ്റ് അദ്ദേഹം എൻ്റെ മുമ്പിൽ ഇങ്ങനെ നേരുന്നു ഇത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് എനിക്കിന്ന് ആരാണെന്ന് നല്ല പറയുന്നില്ല അതിനടയ്ക്ക് അദ്ദേഹം പൊക്കളുന്നു എഴുച്ച എന്നോട് പറഞ്ഞു സാർ സംശയം തീർന്നിരിക്കുന്നു ഞാൻ പോകുന്നു ഇത്രേ ഉള്ളൂ വസംശയു ഞാനിപ്പോൾ പറഞ്ഞത് ബോധ്യമായി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ബോധം ഇല്ലെങ്കിൽ ജഗത്തുണ്ടോ ബോധമില്ലെങ്കിൽ ഞാനുണ്ടോ ബോധമില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമുണ്ടോ ബോധമില്ലെങ്കിൽ ശിവനോ കൃഷ്ണനോ ഗണപതിയോ ആരെങ്കിലുമുണ്ടോ ബോധമില്ലാത്ത ഗണപതി ഒന്നാലും നോക്കുക സ്ഥിതി എന്തായിരിക്കും കഥ ബോധമില്ലാത്ത ഒരു ഈശ്വരൻ കൃഷ്ണൻ ബോധമില്ലാത്ത കൃഷ്ണൻ എന്താ ഭട്ടജീവൻ എന്ന് പറയുന്നു സാന്ദ്രാനന്ദബോധാത്മാക്കം ബോധമില്ലാത്ത ശിവൻ നമ്മൾ ആരെങ്കിലും ഫലിക്കുമോ എന്തിന് ആലോചിക്കുക ബോധമാണ് കൃഷ്ണൻ അതായത് ബ്രഹ്മം അസംശയം സംശയത്തിന്റെ കണിക ഇനി നോക്കിയില്ല ഇനി അസംശയം എന്താ ഈ ഈ ബോധം ഉപനിഷത്ത് പറയുന്നു ഈ ബോധത്തെ എവിടെ അന്വേഷിക്കണം കഥോപനിഷത്ത് പറയുന്നു മനസ്സും മനസ്സുകൊണ്ട് കാണാനൊക്കില്ല മനസ്സുകൊണ്ട് ബോധത്തെ കാണാൻ പറ്റുമോ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല വാക്കുകൊണ്ട് അറിയാൻ പറ്റില്ല പിന്നെ എന്നിട്ട് ഉപനിഷത്ത് ചോദിക്കുന്നു എന്തിനറിയണം അസ്ഥിതി ധ്രുവസോ അന്യത്ര കഥം തത് ഉപലഭ്യത ഉണ്ട് ഉണ്ട് എന്ന് നിരന്തരം അനുഭവിക്കുന്ന ആ വസ്തുവിനെ ഉണ്ടെന്ന് അനുഭവിക്കുന്ന ഇടത്ത് അന്വേഷിക്കൂ വാക്കിലും മനസ്സിലും ഒക്കെ ബോധത്തിന് അന്വേഷിക്കുന്നത് എവിടെയാണ് നിങ്ങളുണ്ടെന്ന് അനുഭവിക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് ഞാൻ ഞാൻ ഞാനുണ്ട് ആ ഞാനിൽ അന്വേഷിക്കൂ അതെങ്ങനെയൊക്കെയാണ് അന്വേഷിക്കുന്നത് അന്വേഷിച്ചാൽ എന്ത് കിട്ടും അതിനാണ് ആ ഞാനിൽ ഈ ബ്രഹ്മത്തെ അന്വേഷിക്കൂ ബോധത്തിൻ്റെ പൂർണ്ണതയെ അന്വേഷിക്കാനുള്ള മാർഗം മനസ്സിന്റെ സമതല്ല യോഗം അർജുനായി ഈ യോഗം അഭ്യസിച്ചു അസംശയം സമഗ്ര സംശയമില്ല ബോധമാണ് കൃഷ്ണൻ എന്നാൽ കൃഷ്ണൻ എന്താ പറയുന്നത് ഈ ബോധമാണ് ജ്ഞാനെന്നറിയാത്തവർ എന്നവരും ദേവകീയ പുത്രനായി കരുതുന്നവർ ൂഢരാണെന്നാണ് ഞാനല്ലേ തെറ്റിദ്ധരിക്കുന്നത് ഏ ആ ബാലക്ഷരവിടെ ആവശ്യമില്ലാത്ത പറയുന്നു എന്താ മഹം പ്രകാശ സർവസ്യോഗമായ ആ സമാവൃതാ ശ്ലോകമൊക്കെ ഈ അധ്യായത്തിനുള്ളതാണ് നമ്മളെടുക്കും മൂഢോയംഭിജാനാത്തി മാം അജമാവ്യയം ഞാൻ ജനിക്കാത്തവനും ദേവകിയുടെ പുത്രനായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞ ജനിക്കാത്തവനും ഒരിക്കലും ഒരു കുറവും വരാത്തവനുമായ ബ്രഹ്മം അഖണ്ഡബോധമാണ് എന്നറിയാത്ത മൂഢോയം ഭഗവാൻ പറയാവുന്ന അങ്ങേയറ്റം ദേഷ്യം വന്ന് ഭഗവാൻ ഭഗവാൻ ഒരുമാതിരി സമനിലയ്ക്ക് ഉള്ള തീരെദേഷ്യം വരുമ്പോൾ ആ സമനില തെറ്റാതെ തന്നെ ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെല്ല ഒമ്പതാം അധ്യായത്തിൽ എന്ത് പറയുന്നു എന്നെ മനുഷ്യനായി കരുതുന്നവൻ മൂഢോ മൂഢനാണ് ഒൻപതാം അധ്യായത്തിൽ വീണ്ടും പറയുന്നു അത് ഇരിക്കട്ടെ ഞാൻ ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ കൃഷ്ണൻ അപ്പൊ കൃഷ്ണൻ എവിടെയൊക്കെ ഞാൻ എൻ്റേത് എന്ന് പറയുന്നുവോ അവിടെ കൃഷ്ണനാണ് അല്ലാതെ ഇറൊന്നല്ല ഗീതയുടെ അർത്ഥം പിന്നെ ഒന്നും പിടികിട്ടില്ല ഈ ഒരു ആശയം മനസ്സിലിരിക്കുന്നിടത്തോളം അവജാനന്തിമാനുഷിയും തനുമാശ്രിതം ഇതിൽപരം കൃഷ്ണനെ എന്തു പറയണം ഒമ്പതാം അധ്യായമാണ് അവജാനന്തി തന്നെ തെറ്റിദ്ധരിക്കുന്നു എന്തി മൂധാഹ മാനുഷിയും തനുമാശ്രിതം ഞാൻ മനുഷ്യ ശരീരം എടുത്തവനാണെന്ന് മൂഢന്മാർ തെറ്റിച്ചരിക്കുന്നു അവജാനന്തിമം മൂഢാഹ മനുഷ്യന്തനുമാശ്രിത്തം പരംഭാവമജാനന്തോ മമഭൂതമഹേശ്വരൻ അർജുന അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഇല്ലാത്ത നാമരൂപങ്ങളെ വസ്തുബോഹം മാത്രം നാമരൂപങ്ങൾ തൽക്കാലത്ത് വെറും കാഴ്ച ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ പ്രദർശിപ്പിക്കുന്ന എൻ്റെ സമഗ്ര രൂപം പൂർണ്ണരൂപം അറിയാൻ കഴിയാത്തവർ എന്നെ മനുഷ്യശരീരിയായി തെറ്റിദ്ധരിക്കുന്നു എന്താ ഭഗവാന്റെ പൂർണ്ണരൂപം സർവത്ര ആദിയോ അന്തമോ ഇല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം നമ്മുടെ കൂടുതൽ ഞാൻ ഞാൻ ചെറിയ ചെറിയ ബോധങ്ങൾ അത് ശരീരത്തിൻ്റെ പരിഭജമുണ്ട് അങ്ങനെ തോന്നുന്നതാണ് ഈ ആകാശം ഈ ആകാശം ഭഗവാന് മറച്ചിരിക്കുന്ന മായയുടെ അവ്യക്തരൂപമാണ് ആകാശം ഉപനിഷത്ത് പറയുന്നു ആകാശ ശരീരം ബ്രഹ്മ ആകാശം എന്ന ശരീരത്തോടു കൂടിയതാണ് ബ്രഹ്മം വാസ്തവത്തിൽ ഈ ആകാശവും കവിഞ്ഞു നിൽക്കുന്നു ബ്രഹ്മം ഈ അതെങ്ങനെ സാർ ആകാശം അതൊക്കെ പറയാം നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ ഈ ആകാശവും കവിഞ്ഞു ബ്രഹ്മത്തിന് നിൽക്കാൻ കഴിയുമോ സാർ അത്ര നിറഞ്ഞ് അഖണ്ഡമായി അനന്തമായി നിശ്ചലമായി ആനന്ദസ്വരൂപമായി നിൽക്കുന്നു ബ്രഹ്മം ഈ ബ്രഹ്മത്തെ നിങ്ങൾ മനസ്സിൻ്റെ സമനില ശീലിക്കുമെങ്കിൽ ഉള്ളിൽ നമ്മളെ ഉള്ളിൽ തെളിയുമത് ആദ്യം ഈ ബ്രഹ്മമാണ് ഞാനെന്ന് തെളിയും പിന്നീട് ഈ ബ്രഹ്മം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എന്ന് തെളിയും ഈ ജഗത്ത് മുഴുവൻ ആ ബ്രഹ്മത്തിൽ വെറും മരുഭൂമിയിൽ കാനൽ ജലം കാണുമ്പോലെ കാണുന്ന വെറും നാമരൂപ ദൃശ്യം എന്നും തെളിയും അതാണ് ഭഗവാൻ പറഞ്ഞത് അസംശയം ഇതാണ് സമഗ്രം ഭഗവാന്റെ സമ്പൂർണമായ രൂപമെന്ന അനന്തമായി നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബവോത്സം ബവോത്സം നിശ്ചലം നിർവികാരം ആനന്ദ ഖന്നം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു ഇത് നമ്മുടെ ഉള്ളിൽ തെളിയും എങ്ങനെ യോഗം യുജൻ മതാശ്രയ എന്നെ പൂർണ്ണമായി അറിയണം എന്നാഗ്രഹിച്ചുകൊണ്ട് അർജുന മനസ്സിൻ്റെ സമനിലയെന്ന് യോഗം ശീലിക്കും ഞാനിങ്ങനെ പൂർണ്ണമായി തെളിയും ഈ ബ്രഹ്മത്തെ അങ്ങോട്ട് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഒന്ന് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞുകൂടെ ഒന്ന് രണ്ട് ജന്മം കൊണ്ടാകട്ടെ പൂർണത ഈ സമനില സർവം ബ്രഹ്മമായ ഈശാവശ്യനിധം സർവം എന്നുറപ്പിച്ചുകൊണ്ട് മനസിൻ്റെ സമനില ശീലിക്കുകയെന്ന ആ യോഗം ഒന്ന് ഒന്ന് ശ്രമിക്കാൻ തുടങ്ങിക്കൂടെ അത് അത് പൂർണമായും അങ്ങോട്ട് കുറച്ച് വരുന്നത് പതുക്കെട്ടെ ഇത് ശ്രമിച്ച പൂർണ്ണമായ ആളുകൾ നമുക്ക് കാണാനുണ്ട് ഭാഗവത്തിലെ സുഖബരം മഹർഷിക്ക് ഈ സമനില ശീലിച്ചു പൂർണ്ണമായി ബ്രഹ്മം അദ്ദേഹത്തിന് പിടികിട്ടി പിടികിട്ടിയപ്പോൾ അദ്ദേഹം അച്ഛനോട് ചോദിച്ചു പിതാവേ എന്താ ഞാൻ കണ്ടത് തന്നെയോ പരമസത്യം ഇതിലപ്പുറം ഒന്നുമില്ലല്ലോ നീ എന്താ കണ്ടത് ഞാൻ കണ്ടത് ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മത്തിൽ അഖണ്ഡബോധ വസ്തുവിൽ സങ്കല്പങ്ങൾ കൊണ്ടുണ്ടാകുന്ന കുറേ നാമരൂപങ്ങൾ സങ്കൽപ്പിച്ചുണ്ടാക്കുന്ന ഉണ്ടായി മറയുന്ന വീണ്ടും ഉണ്ടായി മറയുന്ന നാമരൂപങ്ങൾ മാത്രം യഥായം സ്വവികൽപോത്ഥോ സ്വവികൽപരീക്ഷയാക്ഷിയത്തെ ദഗ്ധ സംസാരോ നിസ്സാര ഇതാണ് യേശുവൻ കണ്ടുപിടിച്ച ഇത് സങ്കൽപ് കുറെ നാമരൂപങ്ങൾ സങ്കല്പിക്കുന്നു അത് ഈ വസ്തുവിൽ കാണാനിടയാകുന്നു അത് ഈ വസ്തുവിൻ്റെ പ്രവർത്തന സ്വഭാവമാണ് അച്ഛ എനിക്കത് മനസ്സിലായിരിക്കുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു വ്യാസൻ ഇട നീ കണ്ടതിൽ കൂടുതൽ ഇവിടെ ഒന്നും കാണാനില്ല ആ ഇനി ഒരു പക്ഷേ നിനക്ക് സംശയമുണ്ടെങ്കിൽ ആ മിഥിലാവു ജനകൻ എന്നൊരു രാജാവ് ഭരണം നടത്തുന്നുണ്ട് അവിടെ പോയിക്ക് എന്ന് പറഞ്ഞാൽ വ്യാസനെപ്പോലുള്ള സന്യാസിമാർക്കൊന്നും അല്ല നല്ല ഗംഭീരമായി രാജ്യം ഭരിക്കുന്ന രാജർഷിമാർക്ക് അച്ഛലും പറയാറുണ്ടല്ലോ പെൻഷൻ പറ്റിയിട്ടാവാൻ ഗീതാപഠങ്ങളും അതും മനസ്സ് മാധ്യമാ പെൻഷൻ പറ്റിയിട്ടും അതേ പെൻഷൻ പറ്റിയിട്ട് പിന്നെ ചിന്തിക്കാൻ വേറെ കാര്യങ്ങളുണ്ട് അപ്പൊ പിന്നെ വേദാന്തൊന്നും ചിന്തിക്കാനും നോക്കില്ല വിചാരിച്ചാ പോലും സാധ്യമല്ല വേദാന്തവും ഗീതയും ഒക്കെ പഠിച്ചത് രാജർഷിമാരാണ് ജനഗണെ പോലുള്ള രാജർഷിമാർ കൃഷ്ണൻ തന്നെ അത് പറയുന്നു ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ അർജുന ഞാനീ പറയുന്ന യോഗം കൂടുതലും കൂടുതലും അഭ്യസിച്ച് ജീവിതത്തിൽ ഉറപ്പിച്ചിട്ടുള്ളതിൽ ആചർഷിമാരാണ് അപ്പോൾ വ്യാസൻ പറഞ്ഞു ആ ജനകനോട് പോയി ചോദിക്കുക ശുഗന് നേരെ ജനകൻ്റെ അടുത്ത് പോയി അവിടെ ചെന്നു ചെന്നപ്പോൾ വെളിയിൽ പട്ടാളക്കാരോ ജനകനോട് പോയി പറഞ്ഞു വ്യാസപുത്രനായി ശുഗൻ വന്നിരിക്കുന്നു ആ അവിടെ വാതിൽ കേറ്റിൽ ഒരു സ്റ്റൂളോ മറ്റിട്ട് കൊടുക്കട്ട് കൊടുക്കുക അവിടെ ഇരിക്കട്ടെ അവിടെ ഒരു സ്റ്റൂളിട്ട് കൊടുത്തു സ്റ്റൂളാണോ എന്താണെന്ന് എനിക്ക് നിശ്ചയമില്ല എന്തായാലും ഇവർ ഇരിപ്പിടെ ഇട്ടു കൊടുത്തു അവിടെ ഇരുന്നുവൻ ഒരാഴ്ച യാതൊരു ഭാവഭേദവുമില്ല എന്തായാലും ഭാവഭേദമില്ലാതെ മനസ്സിൻ്റെ സമയമല്ല സർവ ബ്രഹ്മമായ ഇരിക്കാൻ തന്ന സ്റ്റൂളും ബ്രഹ്മം പട്ടാളക്കാരനും ബ്രഹ്മം ജനകനും ബ്രഹ്മം മതിലും ബ്രഹ്മം ഞാനേ ബ്രഹ്മമേ ഉള്ളൂ ഇവിടെ ഈ ശരീരം ഇല്ല എവിടെ ഇരുന്നാലെന്ത് അവിടെ ഇരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജനകൻ പറഞ്ഞു ആ മഹാ വ്യാസപുത്രൻ അവിടെ ഇരിക്കുകയാണ് അദ്ദേഹത്തെ പിടിച്ച് മുറ്റത്തിരുത്ത് ആ മതിലിനകത്ത് ആ മുറ്റത്ത് ഒരു ഇരിപ്പടം അവിടെ ഇരുന്നു ഒരാഴ്ച അവളങ്ങനെ ഇരുന്നു യാതൊരു സ്വഭാവഭേദവും ഇല്ല നല്ല പ്രസന്ന മുഖൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു ഒരാഴ്ച കഴിഞ്ഞ് തന്നെ ഇറങ്ങി വന്നു അയ്യോ വ്യാസപുത്രമായ സുഖനല്ലേ ഈ കൊട്ടാരമൊക്കെ അമ്മയുടെ വകയല്ലേ അങ്ങ് ഈ മുറ്റത്തിരിക്കുന്നത് കഷ്ടമായി പോയി വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിച്ച് അകത്തു കൊണ്ടു വന്ന് പട്ടുമത്തയും അല്ലെങ്കിൽ പരിചരിക്കാൻ വേണ്ട സുന്ദരിമാരും സകല സൗഭാഗ്യങ്ങളും ഭക്ഷണവും ഒക്കെ എല്ലാ സുഖസാമഗ്രികളും അതിൻ്റെ മധ്യത്തിൽ സുഖനെ ഇരുത്തി ഒരു ഭാവഭേദവുമില്ല അവിടെ ഇരുന്നു അത്യാവശ്യമുള്ളതൊക്കെ അനുഭവിച്ചു അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ഭാവഭേദം യാതൊന്നുമില്ല കൂടുതൽ സന്തോഷമോ കൂടുതൽ സംഭാവമോ അല്ലെങ്കിൽ ഞാൻ ഉള്ളിടത്തൊക്കെ എനിക്ക് ഇരിക്കാമോ അങ്ങനെയൊന്നും യാതൊരു ചിന്തയിലില്ല രണ്ടോ വേദാന്ത സത്യമൊന്നും മനസ്സിലാക്കിയാലും ഒന്നും പേടിക്കാനില്ല അതേ ഉള്ളൂ കൊട്ടാരത്തിനകത്തും അതേ ഉള്ളൂ മധുരനു വെളിയിലും അതേ ഉള്ളു ഏതിഹ തത് അമുത്ര ഉപനിഷത്ത് പറയുന്നു കുഞ്ഞേ എന്തിവിടെയുണ്ടോ അതേ പരലോകത്വമുള്ളൂ ഏതമുത്ര തതിഹ എന്ത് പരലോകത്തുണ്ടോ അതേ ഇവിടെയുള്ളൂ എ പശ്യതീഹനവർ മൃത്യോർ മൃത്യുസകക്ഷത്തി ഇവിടെ പലതും ഉണ്ടെന്ന് ആര് കാണുന്നുവോ അവർ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പാഞ്ഞുകൊണ്ടേയിരിക്കും ഇതാണ് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം ഇതാണ് സമഗ്രം അപ്പോ യോഗം അഭ്യസിക്കുക അഭ്യസിക്കുമ്പോൾ ഈശ്വരനെ കൃഷ്ണനെ എങ്ങനെ പിടികിട്ടും കൃഷ്ണൻ ബ്രഹ്മമാണ് ബോധമാണ് എന്ന് പിടികിട്ടും ഇതാണ് അസംശയം അതിൻ്റെ പൂർണ്ണതയോ ബോധമേ ഇവിടെ ഉള്ളൂ മറ്റൊന്നും ഇവിടെ ഇല്ല ഗീത ആറാം അധ്യായത്തിൽ ഈ അവസരത്തിൽ ഈ കൺമടച്ചുള്ള നൃവികൽപ്പ അതൊക്കെ നല്ലത് പക്ഷെ അതൊന്നുമല്ല പൂർണ്ണമായ സത്യദർശനം ആര് പറയുന്നു കൃഷ്ണൻ പറയുന്നു ഞാനീ പറയുന്നു ഒന്നും എൻ്റെ വകയുള്ള ഒരക്ഷരം പോലും ആറാം അധ്യായത്തിൽ സവികൽപ്പ സമാധി നരവികൽപ്പ സമാധി ഒക്കെ വളരെ ഗംഭീരമായി വിവരിച്ച ശേഷം കൃഷ്ണൻ പറയുന്നു അർജുന സർവഭൂതസ്ഥിത്വം വ്യോമാഭജത്യേകത്വമാശ്രിത സർവഥാ വർത്തമാനോപ്പി വ്യവഹാരത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ബ്രഹ്മത്തമാത്രം കണ്ട് കർമ്മരംഗത്തിൽ വർത്തിക്കുന്ന ഒരാൾ എന്ത് കർമ്മം ചെയ്താലും അർജുന എന്നിൽ വർത്തിക്കുന്നു സർവഭൂതസ്ഥമാത്മാനം ആറാം അധ്യായത്തിലൊടുവില്ലാത്ത നാല് ശ്ലോകം സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനുചാത്മനി ഈക്ഷത്തെ യോഗയുക്താത്മാർവത്ര സമദർശന എല്ലാറ്റിലും എല്ലാ കാഴ്ചകളിലും എന്നെ കാണുന്നു സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനു ചാത്മനി എല്ലാ കാഴ്ചകളും ആത്മാവിൽ ആത്മാവിന് എല്ലാ കാഴ്ചകളിലും ഇങ്ങനെ സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനു ചാത്മനിക്ഷത യോഗയുക്താത്മാർവത്ര സമദർശന ഈ വാക്ക് ഓർമ്മിക്കുക സമഗ്രം എങ്ങനെയാണ് ഭഗവാന് സമഗ്രമായി കാണുന്നത് ഭഗവാനെ അല്ലാതെ മറ്റൊന്നിനെ കാണാനില്ല എന്ന ഉറപ്പാണ് സമ്പൂർണമായ ഭഗവത് ദർശനം ഉപനിഷത്ത് പറയുന്നു എത്ര നാണ്യം പശ്യത്തി നാണ്യദ്വിജാനാതി നാണ്യ ശ്രണോതി തദ്ധൂമ ഇവിടെ മറ്റൊന്നു കാണാനില്ലയോ മറ്റൊന്നു കേൾക്കാനില്ലയോ മറ്റൊന്നറിയാനില്ലയോ അതാണ് പൂർണ്ണ വസ്തു ഇതാണ് സമഗ്രം അപ്പോൾ യോഗം അഭ്യസിക്കുക അസംശയമായി കൃഷ്ണനെ അറിയുക ബോധമാണ് ബോധമാണെന്നറിഞ്ഞാൽ പിന്നെ സംശയമില്ല ച ശാസ്ത്രം ഇത് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല ബോധമാണ് അതായത് ബ്രഹ്മമാണ് ച ബോധം ബോധം എന്ന് പറഞ്ഞാൽ പിന്നെ കൃഷ്ണന് ഇത്ര മോശമാണ് അപ്പം ബോധം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ള കൃഷ്ണൻ ബോധം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ ഈ ജഗത്തിന് അനന്ത കോടി ബ്രഹ്മണ്ഡങ്ങളെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഖണ്ഡം ബോധം ബ്രഹ്മം അതാണ് അത് അതിൻ്റെ സമഗ്രമായ അറിവ് സമ്പൂർണമായ അറിവാണ് സമദർശനം നമുക്ക് ഈ ഭഗവാനെ സമ്പൂർണമായി അറിയണമോ എന്താ പ്രയാസം ഈ സത്യം അറിഞ്ഞുകൊണ്ട് ആചാര്യസ്വാമികൾ പറയുന്നു എത്ര എത്ര മനോയാതി ബ്രഹ്മണതത്വദർശനം ഇതാണ് പൂർണ്ണമായ സത്യബോധം മനസ്സ് എവിടെ ചെന്ന് പറ്റുന്നുവോ അവിടെ ബുദ്ധി കൊണ്ട് ഈ ശാസ്ത്രീയമായ തത്വം ഓർമ്മിച്ച് ബോധമാണ് മനസ്സ് മയക്കിൽ ചെന്ന് പറ്റി മയക്കും ബോധമാണെന്നു കൂടെ ഓർമ്മിക്കുക മയക്ക് കൈകാര്യം ചെയ്തുകൊടുക്കുക മഹാഭാരതത്തിലെ സർവവ്യാസന പോലെ വെട്ടി വിറ്റോണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഈ തത്വം അങ്ങോട്ട് ഓർമ്മിച്ചു ഇറച്ചിയും ബ്രഹ്മം സർവ ബ്രഹ്മനയം മഹാജ്ഞാനിയായി തീർന്നു ഒട്ടേറെ യോഗിമാർ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് ഈ ജ്ഞാനോപദേശം നേടി പോവുകയാണ് ഈ ജ്ഞാനം ഉറപ്പുവന്നതിന് ശേഷം ഇറച്ചി വെട്ടി വിൽപ്പന തന്നെ ആരംഭിച്ചു എന്താ ഇവിടെ ഒരു നേരം പോക്ക് എല്ലാം എല്ലാം ഒരു നേരം പോക്ക് വിവേകാനന്ദ സ്വാമികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ഈ ധർമ്മവ്യാസൻ്റെ കഥ അദ്ദേഹം കൂടെ കൂടെ ഈ ധർമ്മവ്യാസൻ്റെ കഥ ഉദ്ധരിക്കുകയാണ് അപ്പോൾ എവിടെയൊക്കെ മനസ്സിൽ നിന്ന് പറ്റുന്നുവോ എന്താ ഇതിന് പ്രയാസം ഞാൻ നോക്കിയിട്ട് വലിയ പ്രയാസമൊന്നും കാണുന്നില്ലേ ഇപ്പോൾ എവിടെ മനസ്സും ഒക്കെ കൈകാര്യം ചെയ്യുള്ളൂ വിഷയങ്ങൾ പക്ഷെ ഉള്ളിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ബഹിപ്പിച്ചാഗ്രതരളാ പുറത്ത് മയിൽപീലി പോലെ ചലിച്ചുള്ളൂ പക്ഷെ ഉള്ളിൽ മേരുവസ് മേരുപൊറുള്ളതം പോലെ എന്തെവിടെ ഉള്ളത് നല്ലതിലും ചീത്തയിലും അതാണല്ലോ കൃഷ്ണൻ തന്നെ പറയുന്നത് വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണയെ ഗവിഹസ് പണ്ഡിത സമദർശിനെ സമ്പന്ന ഞാൻ ബ്രാഹ്മണനിലും ഗവിഹസ്തിനി പശുയിലും ആനയിലും ശുനി ചെയ്യുന്ന ശോഭാകേച്ച പട്ടിയിലും പട്ടിമാംസം തിന്നുന്ന ചണ്ടാലനിലും ശോഭാകൻ ശ്വാവിനെ പാചകം ചെയ്ത് കഴിക്കുന്നവനാണ് ശോഭാകനിലും പണ്ഡിത സമദർശിന പണ്ഡിതന്മാർ സമദർശികളാണ് ബ്രഹ്മത്തെ ദർശിക്കുന്നവരാണ് പുറത്തൊന്നും പറയണ്ട പുറമേ കാണിക്കുകയും വേണ്ട ഉള്ളിൽ നിങ്ങൾക്കിത് സാധിക്കുമോ അനന്തമായ ആനന്ദം ഇതിനല്ലേ സകല കാര്യങ്ങളും സകല കർമ്മങ്ങളും ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ ഇത് ഓർമ്മിക്കുക തുടങ്ങുക ഇപ്പം മുതൽ തീരുമാനിക്കുക അടുക്കളയിൽ കയറിയാലും പച്ചക്കറിയും വെള്ളവും തീയുമൊക്കെ തന്നെ എന്താ ബ്രഹ്മം ഉള്ളിലത് ചു ചിന്തിച്ചുകൊണ്ട് പച്ചക്കറി മുറുക്കുക കറി വെക്കുക വേദാന്തവും മറ്റും പറയുന്നത് അങ്ങനെ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് പാചകം ചെയ്യാമെങ്കിൽ രുചി വളരെ കൂടുന്നതാണ് ഇപ്പോൾ അസൂവയും വിദ്വേഷവും വഴക്കും മനസ്സാകെ എരിഞ്ഞെരിഞ്ഞല്ലേ അടുക്കളയിൽ പലപ്പോഴും പാചകം അതുപോലെ കറിക്ക് രുചിയൊന്നും കാണില്ല അതാണ് പലപ്പോഴും കറിക്ക് രുചി ഇല്ലാതെ പോകുന്നത് നേരം പോക്കല്ല ഞാനീ പറയുന്നത് നമുക്കിത് സാധിക്കുമോ എവിടെയും ബ്രഹ്മത്തെ ദർശിക്കുക ജീവിതത്തിൽ അങ്ങോട്ടിതിരിഞ്ഞാൽ ഉപനിഷത്ത് പറയുന്നത് ഇടത്ത് ബ്രഹ്മം വനത്ത് ബ്രഹ്മം ഓരോരു ബ്രഹ്മം ഞാൻ അതൊന്നും കൂടുതൽ വിസ്തരിക്കുന്നില്ല ഞാൻ നോക്കിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നല്ല വളരെയധികം ഫലവത്താകുന്നുണ്ട് ബ്രഹ്മത്തല്ലാതെ മറ്റൊന്നും കാണാൻ അധികം കൂട്ടാക്കാറില്ല അതുകൊണ്ട് ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ല യാതൊരു പ്രശ്നവും അസാധാരണമായ സുഖം സംതൃപ്തി നിരങ്കുശതൃപ്തി എല്ലാം നടക്കുന്നുണ്ട് ഭംഗിയായി എന്നിവയായിട്ടൊന്നും നടക്കാതിരിക്കുന്നില്ല വീട്ടുകാരുങ്ങൾ നാട്ടുകാരങ്ങൾ ഇതാ പ്രസംഗം ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന് മനസ്സിൽ നല്ല ഉറപ്പ് ഞാനതുകൊണ്ടാണ് ഇതിനെന്താ പ്രയാസം കുറച്ച് ദിവസം ഓർമ്മിക്കണം ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്നോർമ്മിക്കണം ശുഗന് അത് നല്ലവണ്ണം തെളിഞ്ഞു ആ പട്ടുമത്തയിലും ആ കൊട്ടാരത്തിലും അപ്പോഴും അദ്ദേഹത്തിനൊരു ഭാവഭേദമില്ല കൂടുതൽ ജനകൻ വന്നു അല്ലയോ വ്യാസപുത്ര അങ്ങേക്കിനി യാതൊന്നും പഠിക്കാനില്ല പൊയ്ക്കോളൂ സംശയം ചോദിക്കാനല്ലേ വന്നത് ഇനി അങ്ങേക്ക് യാതൊന്നും പഠിക്കാനില്ല എന്താ അങ്ങെന്തറിഞ്ഞിരിക്കുന്നു യോഗം യുഞ്ചൻ മതാശ്രയഹ ആ യോഗം അഭ്യസിച്ച് സമനില സമനില തെളിയിക്കുണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു മതിലിൻ്റെ പുറത്തിരുത്തിയത് മുറ്റത്തിരുത്തിയത് അങ്ങനെ കൊട്ടാരത്തിൽ സർവഭോഗങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടിരുത്തിയ ഈ സമനില ശുഗനുണ്ടോ എന്ന് പരീക്ഷിക്കാനായിരുന്നു അപ്പോൾ ജനകനുണ്ടോ സംശയന്താ അദ്ദേഹം രാജ്യം ഭരിക്കുന്നില്ലേ രാജ്യഭാരമോ യുദ്ധമോ പോലും മനസ്സിൻ്റെ സമനില ശീലിച്ചുറപ്പിച്ച ആൾക്ക് ആ സമനിലയിൽ ബ്രഹ്മാനുഭവത്തിൽ നിന്നുകൊണ്ട് നടത്താൻ പ്രയാസമില്ല എന്നാണ് കൃഷ്ണനി ഈ ഗീതയിലുടനീളം പറയുന്നത് എന്തു കർമ്മം അതാണ് യോ സർവ സർവഭൂതസ്ഥിതം വ്യോമാഭജത്യകത്വമാശ്രിത സർവഥാവർത്തമാനോപി അത് എന്ത് കർമ്മത്തിലോ ഏർപ്പെട്ടിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മബോധത്തിന് അതായത് മനസ്സിൻ്റെ സമനിലയ്ക്ക് ബ്രഹ്മഭവിച്ച അത്രയേ ഉള്ളൂ എപ്പോഴും ബ്രഹ്മം വരുമ്പോൾ ഒന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കണ്ട മനസ്സിൻ്റെ സമനില എന്തു കോലാഹലമയമായ ജീവിതമധ്യത്തിലും മനസ്സിൻ്റെ സമനില ലേശം പോലും ഭഞ്ജിക്കപ്പെടുന്നില്ല എന്നുറപ്പുവരുത്തുക പുറമേ ചിലപ്പോൾ ദേഷ്യം കാണിക്കുന്നു ചിലരോടൊക്കെ അപ്പോഴും ഇതെങ്ങനെ സാധിക്കും സ അവിടെയാണ് ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത് രാമം പിള്ള രാവണനായി അഭിനയിക്കുന്നു കുറച്ച് ദിവസം ഈ റിഹേഴ്സലൊക്കെ എടുത്ത് കച്ചയൊക്കെ കെട്ടി കഥകളിയിലൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള അഭ്യാസം വേണമേ പക്ഷേ ആ അഭ്യാസമൊക്കെ കഴിഞ്ഞു രാവണൻ്റെ വേഷപ്പെട്ട് രാമൻ പിള്ള രംഗത്ത് വന്നാൽ രാമൻപിള്ള ഒരു നിമിഷം പോലും ഞാൻ രാമൻ പിള്ളയാണെന്ന കാര്യം മറക്കുന്നില്ല അതുപോലെ രാവണാഭിനയം അതിഗംഭീരം രാവണൻ ായിട്ട് രാമൻപിള്ളി അലറുമ്പോൾ മുമ്പിലിരിക്കുന്ന പലരും പേടിച്ചെടിയിട്ട് പോകുമ്പോൾ പക്ഷെ രാമൻപിള്ളയ്ക്ക് ഉള്ളിൽ ചിരിയാണ് കഷ്ടം എവിടെ രാവണന്റെ കണിക പോലുമില്ല പക്ഷെ എൻ്റെ അലർച്ച കേട്ട് ഇവരൊക്കെ ഇതായി എഴുച്ച് ഓടുന്നു ഇതാണ് സ്ഥിതി ഈ ജീവിതം ഗംഭീരമായ ഒരു നാടകമാണ് വിശേഷിച്ചും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ടി വി ഒന്ന് തുറന്നു വച്ചാൽ ഇതുപോലൊരു നാടകം ലോകത്തെവിടെയുണ്ട് ഇന്ന് കേരളത്തിൽ കാണുമ്പോൾ നാടകാഭിനയം ലോകത്തിലെ ഇപ്പം മറ്റൊന്നും കാണില്ല സൂക്ഷായിട്ട് കാണാൻ ടി വി ഒക്കെ കാണാൻ ബ്രഹ്മാനുഭവം ഒരു തടസ്സമല്ല ഈ ബ്രഹ്മാനുഭവത്തോടുകൂടി സമനിലയോടുകൂടി ടി വി കണ്ടാൽ ഇന്ന് കാണുന്നതിനേക്കാളും ഗംഭീരമായിട്ട് കാണാൻ അതില കളങ്കവും നമ്മൾ സ്പർശിക്കുകയല്ല കൂടുതൽ ചിരിച്ച് രസിച്ച് അവിടെ നിറഞ്ഞിപ്പോഴാൻ ടീവി കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നല്ല സുഖം ചുരുക്കത്തിൽ ഈ മൂന്ന് പദ്യത്തിലും വിവരിക്കുന്നത് ജ്ഞാനം വിജ്ഞാനസഹിതം അതായത് തിയറി എന്താണ് സംശയരഹിതമായി ഭഗവാന്റെ സ്വരൂപം അർജുന ബോധമാണ് ബ്രഹ്മ സമഗ്രം എന്താ എല്ലാം ബോധമയമായി കാണുക ബോധമേ ഉള്ളൂ എന്നറിയുക ഇതാണ് സമഗ്രം ഈ യോഗം ജുഞ്ചന്മതാശ്രയ അസംശയം സമഗ്രം ഈ രണ്ട് പദവും ഓർമ്മിക്കുക ശാസ്ത്രീയമായി സംശയമില്ലാതെ കൃഷ്ണനെ മനസ്സിലാക്കുക സമഗ്രം സമ്പൂർണമായി ഇനി എങ്ങനെയാണ് ഭഗവാൻ ഇക്കാര്യം ഏഴാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് അടുത്ത ഓരോ ശ്ലോകവും എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാകും പക്ഷെ ഭഗവാന് അല്പം ഒരു കുണ്ഠ്യവുണ്ട് ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും അർജുന മനുഷ്യണാം സഹസ്രേഷു കസ്റ്റിദ്ധി സിദ്ധയെ യഥതാമത് സിദ്ധാനം കസ്റ്റിന്മാം വേത്തി തത്വത ഇവിടെയൊക്കെ നോക്കുക ആർക്കും പൂർണ്ണമായ ഭഗവത് സ്വരൂപം വളരെ പേർക്കൊന്നും ആവശ്യമില്ല വേറെ പലതുമാണ് ആവശ്യം അതിൽ കിടന്ന് പിഴയുക വലിയ വലിയ ആളുകൾ പോലും ഇരിക്കട്ടെ സാരമില്ല ഭഗവാൻ പിന്നെ അത് പറഞ്ഞ കാര്യമാണല്ലോ നമുക്കൊന്ന് ശ്രമമെങ്കിലും ആരംഭിക്കാം ഭഗവാനെ അസംശയവും സമഗ്രവുമായി അറിയാനുള്ള ശ്രമമെങ്കിലും ആരംഭിക്കാം ഈ ഈ പത്ത് ദിവസത്തെ ഗീതാ പ്രഭാഷണം കൊണ്ട് ആ ആ ശ്രമം എങ്കിലും ഒന്ന് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതുമാത്രമാണ് ഈ പത്ത് ദിവസത്തെ പ്രഭാഷണത്തിൻ്റെ സാഫല്യം നാളെ മുതൽ കൃത്യം ആറു മണിക്ക് നമ്മുടെ ചർച്ച തുടങ്ങും ഏഴ് മണിക്ക് അവസാനിക്കും അതൊക്കെ കൃത്യമായി നടക്കും എന്നുള്ളവർ പരിചയമുള്ളവരൊക്കെ കൂട്ടിക്കൊണ്ടു പോരുക ഇരിക്കാൻ അനുഭവം സ്ഥലം കുറവാണെങ്കിൽ മുകളിൽ ഇരിക്കാൻ ഏർപ്പാട് ചെയ്യും അവരൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഭഗവാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുവാറിയെ എല്ലാവർക്കും എൻ്റെ ഈശ്വര ബുദ്ധിയാണ് എൻ്റെ പ്രമാ